ഞങ്ങൾക്ക് നമ്മുടെ വഴികൾ കാണിച്ചു തന്നിട്ടും നാം എന്തിന് അല്ലാഹു സുബഹാനഹുവ ചായലായിൽ ഭരമേൽപ്പിക്കാതിരിക്കണം നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ച കാര്യങ്ങളിൽ ഞങ്ങൾ തീർച്ചയായും ക്ഷമിക്കും ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിൽ തന്നെ ഭരമേൽപ്പിക്കട്ടെ